പ്രധാന ദിനങ്ങൾ ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനം ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്രദിനം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൂദിനം മെയ് ഒന്ന് ലോകത്തൊഴിലാളി ദിനം മെയ് പതിനൊന്ന് നാഷണൽ ടെക്നോളജി ദിനം മെയ് പതിനേഴ് ലോക ടെലികോം ദിനം മെയ് ഇരുപത്തിനാല് കോമൺവെൽത്ത് ദിനം മെയ് മുപ്പത്തൊന്ന് പുകയില വിരുദ്ധ ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ആഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ആഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനം ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനം നവംബർ പതിനാല് ശിശുദിനം നവംബർ ഇരുപത് സാർവദേശീയ ശിശുദിനം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം